അദ്ദേഹത്തിന്റെ ജനതയിലെ അഹങ്കാരികളായ പ്രമുഖർ വിശ്വാസികളായ ദുർബലരോട് ചോദിച്ചു സ്വാലിഹ അലഹിസലാം തൻറെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ദൂതനാണെന്ന് നിങ്ങൾക്കറിയാമോ അവർ പറഞ്ഞു അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു